നിന്റെ കൈ നിന്റെ കുപ്പായത്തിനുള്ളിലിടുക അത് യാതൊരു രോഗവുമില്ലാതെ വെളുത്തതായി പുറത്തുവരും ഭയം കാരണം നിന്റെ കൈ നിന്റെ ശരീരത്തോട് ചേർത്തു പിടിക്കുക ഇവ രണ്ടും നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഫിർഅവനും അവൻറെ സദസ്യർക്കും നൽകപ്പെട്ട രണ്ട് തെളിവുകളാണ് തീർച്ചയായും അവർ അധർമ്മികളായ ഒരു ജനതയായിരുന്നു